പറഞ്ഞതെന്തെന്നാ എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു എന്റെ കൊമ്പ് യഹോവയാ ഉയർന്നിരിക്കുന്നു എന്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു യഹോവയെ പോലെ പരിശുദ്ധൻ നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയും ഇല്ല ഡംബിച്ച് ഡിച്ച് ഇനി സംസാരിക്കരുത് നിങ്ങളുടെ വായിൽ നിന്നാണ് അഹങ്കാരം പുറപ്പെടരുത് യഹോവാ അവൻ പ്രവർത്തികളെ തൂക്കിനോക്കുന്നു വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു ഇടറിയവരോ ബലം ധരിക്കുന്നു സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു മച്ചി ഏഴു പ്രസവിക്കുന്നു പുത്രസമ്പന്നയോ ക്ഷയിച്ചുപോകുന്നു യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഭൂധരങ്ങൾ യഹോവയ്ക്കുള്ളവ ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വച്ചിരിക്കുന്നു തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു അവൻ ആകാശത്തുനിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു പിന്നെ ഏൽക്കാന് രാമയൻ തന്റെ വീട്ടിലേക്ക് പോയി ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീച്ചന്മാരും യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തു മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളു ഷീലോവിൽ വരുന്ന എല്ലാ ഇസ്രയേലിയരോടും അവർ അങ്ങനെ ചെയ്യും മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം വനോട് പുരോഹിതന് വറുപ്പാൻ മാംസം തരിക പച്ചമാംസമല്ലാതെ വേവിച്ചതവൻ വാങ്ങുകയില്ല എന്ന് പറയും മേധസ് ദഹിപ്പിച്ചു കഴിയട്ടെ അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവനവനോട് അല്ല ഇപ്പോൾ തന്നെ തരേണം അല്ലെങ്കിൽ ഞാൻ ബലാൽക്കാരേണ എടുക്കുമെന്ന് പറയും ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്നിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു ശമുവേലെന്ന ബാലനോ പഞ്ഞനൂൽ കൊണ്ടുള്ള അങ്കിധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു അവമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ ആഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും എന്നാൽ ഏലി യൽഖാനയെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്നു പറഞ്ഞു പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി യഹോവ ഹന്നയെ കടാക്ഷിച്ചു അവൾ ഗർഭം ധരിച്ച് മൂന്ന പുത്രന്മാരെയും രണ്ട് പുത്രിമാരെയും പ്രസവിച്ചു ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നുവന്നു ഏലി വൃദ്ധനായാറെ അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രയേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതുക്കലുകൾ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു അവനവരോട് നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത് നിങ്ങളുടെ ദുഷ്പ്രവർത്തികളെക്കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു അങ്ങനെ അരുത് എന്റെ മക്കളെ ഈ ഹോവിയുടെ ജനം നിങ്ങളെക്കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവനുവേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവനു വേണ്ടി ആർ അപേക്ഷിക്കുമെന്ന് പറഞ്ഞു എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചതുകൊണ്ട് അവർ വാക്ക് കൂട്ടാക്കിയില്ല ശമുവേൽ ബാലനോനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നിർന്നു അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിന്റെ പ്രദുർഭവനം മിസ്രീമിൽ ഫറവോന്റെ ഗ്രഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ വെളിപ്പെട്ടു നിശ്ചയം എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നദ്ധിയിൽ ധരിപ്പാനും ഞാനവനെ േലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തെരഞ്ഞെടുത്തു ഇസ്രയേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പ്രതിഭവനത്തിന് കൊടുത്തു തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രയേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്തെന്ത് ആകയാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിന്റെ ഭവനവിനോ നിന്റെ പ്രദർഭവനവിനോ എന്റെ സന്നദ്ധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയ ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകെയില്ല എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുക എന്നെ നിന്ദിക്കുന്നവർ അവർ നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനം ഞാൻ നിന്റെ ഭുജവും നിന്റെ പ്രതിഭവനത്തിന്റെ ഭുജവും തകർത്തുകളയുന്ന നാളുകളുകൾ ഇതാ വരുന്നിരുന്നു ഇസ്രയേലിന് ലഭിപ്പാനുള്ള എല്ലാ നന്മകളുടെയും മധ്യേര് നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകയുമില്ല നിന്റെ കണ്ണ് ക്ഷയിപ്പിപ്പാനും നിന്റെ ഹൃദയം വ്യസനിപ്പിക്കാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തനെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു വെച്ചേക്കും നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും നിന്റെ രണ്ട് പുത്രന്മാരായ ിക്കും ഫിനാസിനും ഭപ്പാനിരിക്കുന്നത് നിനക്ക് ഒരു അടയാളമാകും അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും എന്നാൽ എന്റെ പ്രസാദവും ഹിതവുമനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയണി അവൻ എന്റെ അഭിഷിക്തന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന് ഒരു വെള്ളിക്കാശിനും ഒരപ്പത്തിനുമായിട്ട് അവനെ കുമ്പിട്ട് ഒരു കഷ്ണം അപ്പം തിന്മാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതന്റെ വേലയ്ക്കാക്കേണമേ എന്നപേക്ഷിക്കും